അദ്ദേഹം പറഞ്ഞു നിന്റെ ആടിനെ തൻറെ ആടുകളോടൊപ്പം ചേർക്കണമെന്നാവശ്യപ്പെട്ടതിലൂടെ അദ്ദേഹം നിന്നെ തീർച്ചയായും അക്രമിച്ചിരിക്കുന്നു പങ്കാളികളായവരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കാറുണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ അവർ വളരെ കുറച്ചു മാത്രമേയുള്ളൂ താൻ പരീക്ഷിക്കപ്പെട്ടതാണെന്ന് ദാവൂദ് അലഹിസ്സലാം മനസ്സിലാക്കി അങ്ങനെ അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും സുജൂതിലായി വീഴുകയും അള്ളാഹുവിങ്കലേക്ക് മടങ്ങുകയും ചെയ്തു